വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിയായ സ്ത്രീയെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായ സ്ത്രീയെയോ മാത്രമേ വിവാഹം കഴിക്കൂ വ്യഭിചാരിയായ സ്ത്രീയെ വ്യഭിചാരിയായ പുരുഷനോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയോ മാത്രമേ വിവാഹം കഴിക്കൂ വിശ്വാസികൾക്ക് അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു